ണാമം ശ്രീരാമൻ ലക്ഷ്മണനോടാൽ ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം കൂടുതൽ വിശദമായി വിവരിക്കുക ഒരു വശത്ത് ഇത് മിഥ്യയാണ് ഇല്ലാത്തതാണ് മറുവശത്ത് അത്യന്തം ദുഃഖപ്രദമാണ് കൃഷ്ണൻ ഗീതയിൽ പറയും പോലെ അനിത്യം അസുഖം ലോകം ഈ ലോകം അനിത്യമാണ് അസുഖവുമാണ് അതുകൊണ്ട് അർജുന അനിത്യം അസുഖമുള്ള ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം ലോകകാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷേ എന്നെ പൂർണ്ണമായും ആശ്രയിച്ച് ഭജിച്ചോളൂ അതുതന്നെയാണിവിടെ ശ്രീരാമനും പറയാനുള്ളത് നമ്മൾ ജഗത്തിൻ്റെ മിഥ്യാത്വത്തിനുള്ള യുക്തി ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു ഇനി അതിൻ്റെ നിസ്സാരത വർണ്ണിക്കുകയാണ് രാമൻ നമ്മളർത്ഥം പറഞ്ഞ് അത് കുറേ വേഗം അങ്ങ് വായിച്ചു പോകും അത് കഴിഞ്ഞ് ജീവൻ ശരീരമല്ല ബ്രഹ്മമാണ് എന്ന കാര്യമാണ് രാമൻ പിന്നെ സമർത്ഥിക്കുന്നത് ജീവോ ബ്രഹ്മൈവോ എന്ന സിദ്ധാന്തം വന്യസന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാസന്നിഭം മർത്യജന്മം ക്ഷണഭുരം തളച്ചു പഴുത്തിരിക്കുന്ന ഒരിമ്പണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളം എത്ര നേരം നിലനിൽക്കും അത്രയൊക്കെ ഉള്ളു ഈ ജീവിതത്തിനും ഉള്ള വില ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കും അതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ജീവനും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുകയാണ് ചക്ഷുശ്രവണം പാമ്പ് ചക്ഷുശ്രവണ ഗളസമാം കഴുത്തിലിരിക്കുന്നതൊരു ദുരം തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ തവളയുടെ പകുതി ഭാഗവും പാമ്പിൻ്റെ വാക്യകത്തായി പക്ഷേ ആ വാക്യകത്തിരുന്നുണ്ട് പാമ്പ് ടുത്തുകൂടെ പോകുന്ന പൂച്ചകളെയും ഈച്ചകളെയും ഒക്കെ ഭക്ഷിക്കാൻ വെമ്പുകയാണ് ഇതുതന്നെയാണ് മനുഷ്യൻ്റെയും സ്ഥിതി കാലാഹിന പരിഗ്രസ്തമാവും ലോകവും ആലോലചേതസഭോഗങ്ങൾ തേടുന്നു കാലമാകുന്ന കാലസർപ്പം ഏത് വ്യക്തിയെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ ശരീരത്തെ കുറെ ചിലരെ പകുതി ചിലപ്പോൾ അതിവേഗം തന്നെ മുഴുവനും വിഴുങ്ങി കളയും അതിനിടയ്ക്ക് മോഹബദ്ധനായി ലോകസുഖങ്ങൾ അന്വേഷിക്കുകയും അതിനുള്ള സാമഗ്രികൾ നേടാൻ വെമ്പലുകൊള്ളുകയും ചെയ്യുകയാണ് മനുഷ്യൻ ഇതിൻ്റെ അർത്ഥം ലോകസുഖങ്ങൾ വേണ്ടെന്നോ സുഖസാമഗ്രികൾ നേടാൻ പ്രയത്നിക്കേണ്ടെന്നോ ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് നിസ്സംഗനായി എല്ലാം ഭഗവത് അർപ്പണമാക്കി തീർത്ത് ലോകസുഖങ്ങൾ അനുഭവിക്കൂ സാമഗ്രികൾ സമ്പാദിക്കൂ ഒരു തെറ്റുമില്ല അതിൻ്റെ ക്ഷണഭങ്കുരത അറിഞ്ഞിരിക്കണം അത്രയുള്ളൂ പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കുന്ന ലക്ഷണ ഭാര്യ പൗത്രൻ കുടുംബം ബന്ധുക്കൾ സഹോദരങ്ങൾ ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നീ ആലോചിച്ച് നോക്ക് എത്ര എത്ര നേരം ഇത് നിലനിൽക്കും വളരെ അല്പകാലം പെട്ടെന്ന് അതങ്ങ് മറയുകയാണ് വലിയ ആശയോടു കൂടിയൊക്കെ നാം കെട്ടിപ്പടുക്കുന്നു പക്ഷെ അതിവേഗം കാലം അതിനെയൊക്കെ വിഴുങ്ങുന്നു പാന്തർ പെരുവഴി ാന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം ഈ കുടുംബ ബന്ധം അനേകം വഴിയാത്രക്കാർ പല മാർഗങ്ങളിൽ നിന്നും ഒരു വഴിയമ്പലത്തിൽ ഒരുമിക്കുന്നു രാത്രി അവിടെ കഴിച്ചുകൂട്ടുന്നു ഭക്ഷണ പൊതികളൊക്കെ അഴിച്ചു വെച്ച് പരസ്പരം സന്തോഷപൂർവ്വം പങ്കിട്ടും നേരം പോക്ക് പറഞ്ഞും അതൊക്കെ അനുഭവിക്കുന്നു ആ വഴിയമ്പലത്തിൽ രാത്രി കഴിഞ്ഞുകൂടുന്നു പിറ്റേ ദിവസം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് കടന്നു പോകുന്നു ഉള്ളൂ എല്ലാ കുടുംബജീവിതങ്ങളും എവിടുന്നോ വന്നു ചേരുന്നു വെറും മാനസിക സങ്കല്പങ്ങൾ ഭാര്യ ഭർത്തൃബന്ധവും പുത്രബന്ധവും കുടുംബ ബന്ധവും ധനബന്ധവുമൊക്കെ സങ്കല്പിച്ച് ബന്ധപ്പെടുന്നു എവിടുന്നോ സംഭവിക്കുന്നു അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു ഒന്നും വേണ്ടെന്നല്ല ഈ വസ്തുസ്ഥിതി ഇത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എന്നും കാണുന്നതാണ് ഈ വസ്തുസ്ഥിതി നല്ലവണ്ണം ഓർമ്മിച്ചോണ്ട് പണമുണ്ടാക്കൂ സാധന സാമഗ്രികൾ മേടിക്കൂ കുടുംബ ബന്ധങ്ങൾ പുലർത്തു അങ്ങനെ ആയാൽ എന്താകുണം കുറേ അധികം പണം കിട്ടിയാൽ അത്ര തുള്ളിച്ചാടി അഹങ്കരിക്കയില്ല കൃഷ്ണൻ ഗീതയിൽ പറയുന്ന സമങ്ങല്ല അഭ്യസിച്ചുകൊണ്ട് നാം കർമ്മരംഗത്ത് വർദ്ധിക്കും ഇവിടെ കുറച്ച് നഷ്ടം വന്നാൽ ദുഃഖിക്കാനുമില്ല കുറച്ച് ലാഭം വന്നാൽ തുള്ളിച്ചാടി അഹങ്കരിക്കാനും ഒന്നുമില്ല സിദ്ധ്യ അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഇതാണ് ഗീതയിലെ യോഗം ജയത്തിലും പരാജയത്തിലും മനസ്സിന്റെ സമനില നഷ്ടപ്പെടാതെ നോക്കൂ അതിനെന്താകേണ്ടത് സത്യം സത്യമൊന്നേ ഉള്ളൂ ഈ പലത് കാണുന്നത് അനിത്യം അസുഖം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ ൗവനവും പുനരധ്രുവം ഐശ്വര്യം സമ്പന്നത വരുന്നു പോകുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ നോക്കിക്കാണാറില്ലേ എത്ര എത്ര ധനികന്മാർ വരുന്നു പോകുന്നു യൗവനം എത്ര നാൾ നിൽക്കും ഞാനീ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് കോളേജിലൊക്കെ കഴിഞ്ഞവരാണ് അദ്ദേഹം വയസ്സായി മരുന്ന് ക്ഷീണിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം ഒരു സ്വപ്നം അല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എത്രയോ പേര് കടന്നു പോയില്ലേ അപ്പോൾ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് തീർച്ചയായും സാർ എല്ലാം വെറും സ്വപ്നം പക്ഷേ വയസ്സാവുമ്പോഴേ അത് തോന്നുന്നുള്ളൂ വയസ്സായതിനു ശേഷം തോന്നിയിട്ട് വലിയ വിശേഷവും ഇല്ല കാരണം അഭ്യസിച്ചുറപ്പിച്ച വാസനകളിൽ നിന്നും പിന്നെ രക്ഷപ്പെടാൻ എളുപ്പമേ അല്ല നല്ല കാലത്ത് തന്നെ ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഭൗതികസുഖങ്ങൾ അനുഭവിക്കുമെങ്കിൽ ഭാഗവതം പറയും പോലെ ഭുക്തഭോഗ പരിത്യത്ത ഈ മായ ഭുക്തഭോഗ വേണ്ടതൊക്കെ അനുഭവിച്ചു ഇത്രയൊക്കെ ഉള്ളെന്ന് ബോധ്യപ്പെട്ടു ഇന്നലെ കുടിച്ച പൽപ്പായസം തന്നെ ഇന്നും ഒന്ന് ചിന്തിക്കുക ഇത്രയൊക്കെ ഇല്ലേ ഉള്ളു പരിത്യക്ത ഉള്ളിൽ നിന്നും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വേണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ വരട്ടെ വേണ്ടെങ്കിൽ വേണ്ട ഭൊക്ത ഭോഗ പരിത്യക്ത ദൃഷ്ടദോഷ എന്നിട്ടതിൻ്റെ ദോഷം അതിലൊക്കെ മനസ്സ് കയറി ഒട്ടിപ്പിടിച്ചാൽ വരാവുന്ന ദോഷം ദോഷം എന്ന് ഒരു സ്വസ്ഥതയും ജീവിതത്തിൽ കാണില്ലേ ഒരു ഘട്ടം വരുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ തുടർന്നു ഭൗതികസുഖമൊന്നും അനുഭവിക്കാനുള്ള കഴിവൊട്ടില്ല താനും അനുഭവിക്കാനുള്ള ആഗ്രഹം പണ്ടത്തേതിലും പതിന്മടങ്ങണം അതാണ് സത്യബോധമില്ലാതെ വാസനകളെ ശക്തിപ്പെടുത്തുന്നതുകൊണ്ട് വന്നുചേരുന്ന ദുരന്തം അത് ഒടുവിൽ പാകപ്പെടുത്തി ഭഗവത്മയമാക്കാമെന്ന് വെച്ചാൽ ഒന്നും ഈ എളുപ്പമല്ല സ്വപ്നസമാനങ്ങളത്ര സുഖം നിറാം അൽപ്പം ആയുസ്സും നിരൂപിക്ക ലക്ഷണ ലക്ഷണ ഈ ദാമ്പത്യസുഖവുമെല്ലാം സ്വപ്നസമാനം സ്വപ്നം പോലെ കടന്നു പോകും ആയുസ്സോ വളരെ അൽപ്പം രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖയെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് അതുതന്നെയാണ് രാമനും പറയാനുള്ളത് ദീർഘസ്വപ്നമിമം വിധി ഈ ജീവിതം അല്പം നീണ്ട ഒരു സ്വപ്നം ദീർഘസ്വപ്നമിമം വിധി ദീർഘം ആ ചിത്തവിഭ്രമം അല്ലെങ്കിൽ അല്പം നീണ്ട ഒരു ചിത്തവിഭ്രമം അത്ര കുറച്ചുനാൾ അനുഭവിക്കാമെന്ന് വെച്ചാലോ ഓർക്ക ഗന്ധർവ നഗര സമ ഇതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ഇന്നുള്ള ജീവിതത്തിലല്ല മായാമയമായ പ്രപഞ്ച ജീവിതം ആരംഭിച്ച അന്ന മോത്തിൽ ഇതൊരു ഗന്ധർവനഗരമാണ് പക്ഷേ ആകാശമധ്യത്തിൽ ഭൂമി അതിൽ വൻപിച്ച നഗരങ്ങൾ ആർക്കും ചിന്തിച്ചറിയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇതൊരു ഗന്ധർവ നഗരമാണ് കോട്ടെ അതിലോ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചു ഇടുന്നു ദൈവീസമ്പന്നന്മാർ ആസുരീസമ്പന്നന്മാർ ഈ രണ്ടു വർഗവും എല്ലാ കാലത്തും നിലവിലുണ്ടെന്നാണ് കൃഷ്ണൻ ഗീത പതിനാറാം അധ്യായത്തിൽ വിസ്തരിച്ചു പറയുന്നത് അതുകൊണ്ട് ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ജീവിച്ചുകളാണ് എന്ന് കരുതുകയേ വേണ്ട ഇതെന്നും ഈ മായ മായയുടെ ഏർപ്പാടതാണ് അതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അതാണേ ഓർക്ക് ഗന്ധർവ നഗരസമം ഇതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു സൂര്യൻ വരുന്നു അസ്തമിക്കുന്നു ദിനയാമിന്യവസായം പ്രാഥ ഭരഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയുമല്ലോ രാത്രി പകലെ വരുന്നു പോകുന്നു ശിശിര വസന്തവും പുനരായാത ശിശിരവും വസന്തവും വരുന്നു പോകുന്നു കാലക്രീടത്തി കാലം കളിക്കുന്നു ഗച്ഛത്യാഹായുഹോ ആയുസ് അതിവേഗം കടന്നു പോകുന്നു തദവിതമുഞ്ചത്യാശാവായുഹോ എന്നാലും വൃദ്ധനായ മനുഷ്യൻ ലൗകികമായ ആശഗടിയാൻ കരുത്തനായിത്തീരുന്നില്ല ആദിത്യദേവരുദിച്ചിരുവേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരൻ യാദപ്പതി സമുദ്രം നിദ്രയും വന്നിതുദേശയിലോ വരിവിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ രാത്രിയായി ഉറങ്ങി പിന്നെയും വെളുപ്പിന് സൂര്യൻ ഇത്ത മതിഭ്രമുള്ള ഒരു ജന്തുക്കളിത്തെ വിചാരിപ്പതില്ല കാലാന്തരം അതിവേഗം ഈ കാലം അങ്ങനെ നമ്മളറിയുന്നില്ല കുറെ കഴിയുമ്പോഴാണോ വർഷങ്ങളൊക്കെ കടന്നു പോയല്ലോ ആയുസ് പോകുന്നത് ഏതും അറിവിയില്ല മായാസമുദ്രത്തിൽ അതൊന്നും ഞാൻ വിസ്തരിക്കണ്ടല്ലോ വർദ്ധയ്ക്ക് മോളുചരാനരയും തീർത്ഥമോഹേന മരിക്കും ഇതു ചിലർ വാർദ്ധക്യം അതോടൊപ്പം ജരാനര നേത്രേന്ദ്രിയം കൊണ്ടുകൊണ്ടിരിക്കേ പിന്നരോർത്തറിയുന്നീല മായതൻ വൈഭവം എന്താ പൂന്താനവും പറഞ്ഞിട്ടില്ലേ കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിന് കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ ഹരിനാമകീർത്തനവും ഈ പൂന്താനത്തിൻ്റെ കവിതയും വിശദമായ വ്യാഖ്യാനത്തോടു കൂടി ഇവിടെ കിട്ടും വാങ്ങിച്ചു വായിച്ചു നോക്കുക ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ അതാണ് ഇതൊക്കെ നിരൂപിക്കുന്നതിന് വിരോധമില്ല പക്ഷേ ഈ മായാമയമായ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ശാശ്വതവും ആനന്ദഘനവും ഒരിക്കലും ഒരു കേടും വരാത്തതുമായ ബ്രഹ്മം നിലവിലുണ്ട് എന്നാരും ആ ചിപ്പുരുഷന്റെ ഗതിയെ ചിന്തിച്ചറിയുന്നതേ ഇല്ല ജീവോ ബ്രഹ്മയുവാ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലൊക്കെ അനുഭവപ്പെടുന്ന ഈ ജീവനെ ഒന്ന് ഭേദചിന്തകളും രാഗദ്വേഷവും അകറ്റി ശുദ്ധീകരിക്കാമെങ്കിൽ അനന്തമായ ബ്രഹ്മാനന്ദം ഈ ജീവന്റെ വകയാണ് പക്ഷേ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ ആ ചിത്പുരുഷൻഗതിയെ അറിയുന്നതേയില്ല ഇപ്രകാരം നിരൂപിച്ചു മൂഢത്മാക്കൾ ചിത്പുരുഷൻഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നോ ആയികയാൽ എന്താ ചിന്തിച്ചറിയാത്തത് To <audioral> <audio> okay, God, that ീ മയാമയമായ പ്രപഞ്ചത്തിൻ്റെ സു ഒരു സത്യമുണ്ടോ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ സമീപിച്ച് ആ സത്യം കൂടി വേറൊന്നും ഉപേക്ഷിക്കണ്ട ഈ സത്യം കൂടി കൂട്ടിച്ചേർക്കാൻ എന്തുകൊണ്ട് ബുദ്ധിമാനെന്ന് കരുതുന്ന മനുഷ്യൻ ഒരുമുന്നില്ല അങ്ങനെ ഒരുമിയാൽ അവൻ അതായത് ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നവന് പൂർണമായി അനുഭവിച്ചറിയാറാവും കാലസ്വരൂപനാ ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭം സമാനമായി സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ പച്ചക്കുടത്തിൽ ചട്ടിയിൽ വെച്ച് നല്ലവണ്ണം കാച്ചിയെടുക്കാത്ത കുടത്തിൽ വെള്ളം നിറച്ചു ദിവസേന ആ വെള്ളം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും കുടത്തിൽ കൂടെ പക്ഷേ അലിഞ്ഞലിഞ്ഞ് പോകുന്നത് കൊണ്ട് വെള്ളം നഷ്ടമാകുന്നു എന്ന് സാധാരണക്കാർ ഓർക്കുകയേയില്ല ഒടുവിൽ നോക്കുമ്പോഴാണ് വെള്ളമില്ല അതുപോലെ നായുസ് നമ്മളറിയാതെ കുറേശോരോ നിമിഷവും നമ്മെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകുന്നുവെന്നോ എന്തിനു വന്നുവെന്നോ ഒരു നിശ്ചയമില്ല ആയുസ് പോയാൽ പോയി എങ്ങോട്ട് പോയി എന്തിനു പോയി എവിടുന്ന് വന്നു ആർക്കും ഒരു നിശ്ചയമില്ല ഒരു യുക്തിയുമില്ല അത് സാർ പുനർജന്മം അതൊക്കെ ഉണ്ടെന്നല്ലേ ആചാര്യസ്വാമികൾ പറയുന്നു കർമ്മം കൊണ്ടാണ് ജന്മം ജന്മം കൊണ്ടാണ് കർമ്മം ഇതിലേതാദ്യം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അതുകൊണ്ട് ഈ പുനർജന്മം പൂർവ്വജന്മം എന്നൊക്കെ പറയുന്നത് അജ്ഞൻ്റെ ജൽപ്പനങ്ങൾ മാത്രം ഞാനല്ല പറയുന്നത് ശ്രീശങ്കരനും അന്ധപരമ്പരയും സംസാരസരണി ഒടുവിൽ അദ്ദേഹം എത്തിച്ചേരുന്ന തീരുമാനം ഈ സംസാരയാത്ര അന്ധപരമ്പര എത്ര ഗംഭീരനായാലും ഒന്നും അറിയാത്ത കുരുടൻ്റെ യാത്ര കുരുടന്മാരെങ്ങനെ പോകുന്നു ഒന്നിന് പുറകെ ഒന്ന് അവരതും പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിച്ച് പോകരുത് ഇവിടെ യുക്തിയുക്തമായി വിശ്വസിക്കാവുന്ന ഒരൊറ്റക്കാര്യമേ ഉള്ളൂ ബോധം ബ്രഹ്മം അതാർക്കും എത്ര എളുപ്പം വേണമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം അതനുഭവിക്കാനുള്ള മാർഗവും എളുപ്പം എല്ലാം ്രഹ്മമാണെന്ന് ചിന്തിച്ച് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക അത്ര വേണ്ടു അത് ചെയ്യാതെ മറ്റെന്തെന്തെല്ലാം സാധനാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ജീവിതമൊടുവിൽ കൂരിരുട്ടിലാണ് അന്ധന്ത പ്രവിശന്തി അതുകൊണ്ട് ആമകുംഭം സമാനമായി സുഡമ്പം അതേതും അവസാനം അയ്യോ ഞാൻ സത്യം അന്വേഷിച്ചില്ലല്ലോ ആ ചിന്തിച്ചിട്ട് ഒരു ഫലവും ഇല്ല പിന്നെ എവിടെ അന്വേഷിക്കാനാണ് ഇങ്ങനെ രാമൻ ഈ ജീവിതത്തിൻ്റെ മിഥ്യാത്വം ജഗത്തിൻ്റെ മിഥ്യാത്വം വ്യക്തിജീവിതത്തിൻ്റെ അതിനിസ്സാരത്ത ആതിനിസ്സാരത്ത ശുഗൻ പറയും യഥായം സ്വവികല്പോത്സഹ സ്വവികൽപരീക്ഷയാ ദഗ്ധ സംസാരോ ഈ സംസാരം സ്വന്തം മായാസങ്കൽപ്പങ്ങൾ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ മായാസങ്കൽപ്പങ്ങളെ ദൂരക്കളയാണെങ്കിൽ അപ്പത്തീർന്നു ദഗ്ധ സംസാരവും നിസ്സാര ഇതുപോലെ നിസ്സാരമായ വേറെ ഇല്ല അത് മനസ്സിലാക്കി സ്വന്തം മനസ്സിനെ ഭഗവത് നിറയ്ക്കാം അങ്ങനെ ജഗത്തിലെ മുഴുവൻ ഈശ്വരമയമായി കാണാൻ എന്തുകൊണ്ട് മനുഷ്യൻ ഒരുങ്ങുന്നില്ല എന്നാണ് ശുഗൻ അച്ഛനോടും ജനകനോടും ഒക്കെ ചോദിക്കുന്നത് പൊട്ടേ ഇനിയും ഇനിയും രാമൻ സമർത്ഥിക്കാൻ പോകുന്നത് നമ്മളാരും ഈ ശരീരമല്ല നമുക്ക് ശരീരം മാത്രമല്ലല്ലോ മൂന്ന് ശരീരങ്ങളുണ്ട് കാരണശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം മൂന്നും ജഡമാണ് ജം ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ആ മൂടുവടമാണ് അത്യന്തം സൂക്ഷ്മമായ ശരീരം ജലശരീരം കാരണശരീരം ഉറക്കത്തിൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന സൂക്ഷ്മശരീരം മനസ്സ് ഉണർന്നിരിക്കുമ്പോഴും അനുഭവപ്പെടുന്ന മനസ്സ് മനസ്സെന്ന് തന്നെ അതിൽ പറയാം അതാണ് സൂക്ഷ്മ ശരീരം അതായത് മധ്യജടം ഉറക്കത്തിലെ കാരണശരീരത്തെ നമുക്ക് അത്യന്തം സൂക്ഷ്മജടം മനസ്സിനെ വേണമെങ്കിൽ മധ്യജടം പരിണാമമാണ് ഉറക്കത്തിലെ ആ മൂടുപടം തന്നെയാണ് മനസ്സായും സൂക്ഷ്മേന്ദ്രിയങ്ങളായും പ്രാണനായും ഒക്കെ സൂക്ഷ്മ ശരീരമായി പൊന്തി വരുന്നത് ഇതു തന്നെ സ്ഥൂല ശരീരം എല്ലാ ജഡങ്ങളും അത് എനർജി പരിണമിക്കുന്നതാണ് ഈ സ്ഥൂലജം മണ്ണ് കല്ല് ഒക്കെ തന്നെ എനർജിയാണ് അപ്പം ജഡത്തിന് രണ്ട് മൂന്ന് പരിണാമഘട്ടങ്ങൾ കാരണം സ്ഥൂലം സൂക്ഷ്മം അത് ഒരേ ജഡം തന്നെ അതൊക്കെ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതമാണല്ലോ എനർജിയാണ് ഈ സ്ഥൂലജമായിട്ടിരിക്കുന്നത് മൺകട്ടയും കല്ലും സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ മണ്ണും കല്ലുമൊക്കെ അതിവേഗം എനർജിയുടെ രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം അവയ്ക്ക് ചലനമില്ലെന്ന് തോന്നുന്നു പക്ഷെ അവ ഒക്കെ തന്നെ അതിവേഗം ചലിക്കുന്നവയാണ് ഈ ജഡങ്ങളുടെ കാരണം സൂക്ഷ്മം സ്ഥൂലം ഈ ജഡങ്ങൾ നിരന്തര പരിണാമിയാണ് ജീർണിക്കും ജീർണു ഉണ്ടായെന്ന് തോന്നുക നിലനിൽക്കുന്നു എന്ന് തോന്നുക പെരുകുന്നു എന്ന് തോന്നുക ഇതൊക്കെ ജഡത്തിൻ്റെ ഏർപ്പാടാണ് കുറയുന്നു തോന്നുക ജീർണിക്കുക ഒടുവിൽ മരിക്കുക ജഡത്തിൻ്റെ ഈ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ലോകത്താർക്കും സാധ്യമല്ല അത് മാറ്റിയെടുത്ത് സുഖം കണ്ടെത്താമെന്നാണ് ആധുനിക ശാസ്ത്രവും മറ്റു പല ഭൗതിക ഗംഭീരന്മാരും കരുതുന്നത് ഒരിക്കലും ജഡത്തിൻ്റെ ഈ സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയില്ല ആ സ്വർഗത്തിലായാലും ഭൂമിയിലായാലും എവിടെ ആയാലും സ്വഭാവം ഇതാണ് ഉണ്ടാകുന്നു വർദ്ധിക്കുന്നു പെരുകുന്നു ജീർണിക്കുന്നു നശിക്കുന്നു നമ്മുടെയൊക്കെ ശരീരങ്ങൾ എല്ലാ ശരീരവും ഈ മാറ്റങ്ങൾക്ക് വിധേയമാണ് അതുകൊണ്ട് നാം ശരീരമല്ല അതേ അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ അതിനൊരിക്കലും മാറ്റമില്ലല്ലോ ജനിച്ചപ്പോഴുള്ള ഞാൻ തന്നെയാണ് ഇത് മരിക്കാൻ സമയത്തും ശരീരമൊക്കെ മാറി ജനിച്ചപ്പോഴുള്ള ശരീരമൊന്നുമില്ല ഒക്കെ പോയി പക്ഷേ ജനിച്ച ഞാൻ തന്നെ മരിക്കാൻ പോകുന്നു സ്വപ്നം കണ്ട ഞാൻ തന്നെ ഉണരുന്നു ഉണർന്നിരുന്ന ഞാൻ തന്നെ ഉറങ്ങുന്നു ഉറങ്ങുന്ന ഞാൻ തന്നെ വീണ്ടും സ്വപ്നം കാണുന്നു ഞാനിന് മാറ്റമില്ല മാറ്റമില്ലാത്തത് സത്യം മാറിപ്പോകുന്നതൊക്കെ അസത്യം പ്രാണനുൾപ്പെടെയുള്ള മറ്റെല്ലാം മാറിപ്പോകുന്നു ഞാൻ ഞാൻ അന്ന ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധാനുഭവത്തിനു മാത്രം ഒരു മാറ്റവുമില്ല അതുകൊണ്ടത് സത്യം ആ ബോധമാണ് ജഗത്തിനെ മുഴുവനുള്ളതാക്കി തീർക്കുന്നത് ഏ അത് നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലേ എന്ന് ഇപ്പം തോന്നുന്നു നമ്മളിവിടെ ഒരു കുടം കൊണ്ടുവച്ചാൽ ഈ വിശാലമായ ആകാശം ആ കുടത്തിൽ ഒതുങ്ങിയതുപോലെ തോന്നും വാസ്തവത്തിൽ ആകാശം കുടത്തിൽ ഒതുങ്ങിയിട്ടുണ്ടോ കുടമുടച്ചു കളഞ്ഞാൽ കുടത്തിലൊതുങ്ങിയ ആകാശം തന്നെയാണ് മഹാകാശം അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ മാത്രമല്ല അമീപം മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ വരെ ശരീരത്തിനുള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ പ്രകാശിക്കുന്ന ജീവൻ ഈ ബ്രഹ്മം തന്നെയാണ് ജീവോ ബ്രഹ്മൈവോ എന്താ അതിനു വേണ്ടത് ആ ജീവനെ മറച്ചിരിക്കുന്ന മറ രാഗവും ദ്വേഷവും ഭേദചിന്തകളും ഒരേ ആത്മാവാണ് എല്ലാവരുമെങ്കിൽ എന്തിനീ ഭേദ ചിന്ത ഭഗവാൻ ഗീതയിൽ പറയുന്നു ഭാഗവത്തിൽ പറയുന്നു ഉദ്ധവരോട് പറയുന്നു നിനക്ക് എന്നെ കാണണമല്ലേ ഇതായി കാണുന്നതൊക്കെ ഞാനാണ് ഒക്കെ അതുകൊണ്ട് അരൗദ്ധവരെ ഇത് സർവാണിഭൂതാനി സകല കാഴ്ചകളിലും എന്നെ കാണു ഇത് സർവാണിഭൂതാനി മദ്ഭാവേന മഹാദ്വുത്തെ മദ്ഭാവേന എന്റെ ഭാവം ഉറപ്പിച്ച് അലരോ മദ്ഭാവേന മഹാദ്വ്യുത്തെ സഭാജയന്മന്യമാനോ ഉള്ളുകൊണ്ട് സകല കാഴ്ചകളെയും പൂജിക്കൂ ആരംഭത്തിൽ എല്ലാം ഒന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ പൂജയുടെ ഒന്നും ആവശ്യമില്ല ആ ഒന്നാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങളൊരു ഒരു ചെറിയ രൂപത്തെയോ മറ്റോ ഒക്കെ ഇപ്പൊ ഭജിക്കുന്നുണ്ടല്ലോ അതുപോലെ ഈ ജഗത്തിൽ കാണുന്ന ഉറുമ്പ് മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള രൂപങ്ങളെ സഭാജയൻ മന്യമാനോ ഉള്ളുകൊണ്ട് പൂജാഭാവത്തിൽ കണ്ടുകൊണ്ട് എന്തു ചെയ്യണം ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ എവിടെയെല്ലാം ഈശ്വരനെ കാണണം ഇത് കൃഷ്ണനുദ്ധവരോട് പറയുകയാണ് ഭാഗവതത്തിൽ ബ്രാഹ്മണേ ബ്രാഹ്മണനിൽ പുൽക്കസേ പട്ടിമാംസം തിന്നുന്ന ചണ്ടാലിൽ ഭൗതിക ബ്രാഹ്മണനിൽ പട്ടിമാംസം തില്ലുന്ന ചണ്ടാലനൽ ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ കള്ളനിൽ ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മർക്കേലിങ്ങകെ ബ്രഹ്മാവിൽ സൂര്യനിൽ ഒരു ചെറിയ തീപ്പുരിയിൽ അക്രൂരേ ക്രൂരകേ അക്രൂരനിൽ ക്രൂരനിൽ വേണ്ടെങ്കിൽ അവരോട് അവരോടൊന്നും അടുത്തുപോയി സഹകരിക്കാൻ പോകണ്ട പക്ഷെ അവരൊക്കെ ഈശ്വരനാണ് ഒരേ സ്വർണ്ണം കൊണ്ട് കടുവായുടെയും ഗുരുവായൂരപ്പൻ്റെയും രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്ക എന്താ കുട്ടികൾക്ക് കടുവായുടെ രൂപം കാണുമ്പോൾ പേടി തോന്നും ഗുരുവായൂരപ്പൻ്റെ രൂപം കാണുമ്പോൾ സന്തോഷം തോന്നും പക്ഷെ വാസ്തവത്തിൽ വല്ല ഭേദവും ഉണ്ടോ രണ്ടു രൂപം രണ്ടു രൂപത്തിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണം ഇതാണ് സ്ഥിതി ഉറുമ്പായാലും ശരി ബ്രഹ്മാവായാലും ശരി വിഷ്ണുവായാലും ശരി ഒരേ ബ്രഹ്മം ഒരേ ഈശ്വരതത്വം നിറഞ്ഞു നിൽക്കുന്നു നേരെ മറിച്ച് അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവൻ ബ്രഹ്മമാണ് അല്ലാതെ നമ്മളൊക്കെ ഈ ശരീരമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം ഏത് ചക്രവർത്തിയോ ആകട്ടെ രോഗങ്ങളാവുന്ന ശത്രുക്കൾ അടുത്തുകൊണ്ടിരിക്കും വ്യാഖ്രിയെപ്പോലെ ജരയും അടുത്തുവന്നാക്രമിച്ചീഴും ശരീരത്ത് നിർണയം ഞാൻ ഈ ശരീരമാണ് ശരീരമാണെന്ന് പറഞ്ഞാൽ പെൺകടുവയെപ്പോലെ ജര ജീർണിക്കൽ ശരീരത്തെ ബാധിക്കും മൃത്യുവും കൂടൊരു നേരും പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു മരണമങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അവസരം കിട്ടിയാൽ അപ്പോ പിടികൂടുന്നത് ദേഹൻ നിമിത്തമഹം ബുദ്ധികൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ ഏറ്റവും ജീവിതത്തിൽ അജ്ഞതയുടെ കൊടിയ രൂപമാണ് ഞാൻ ദേഹമാണ് ഈ ജഡദേഹം ഏത് ജന്തുവിൻ്റെ ദേഹവും പഞ്ചഭൂത പഞ്ചഭൂതങ്ങൾ ഉണ്ടുണ്ടാക്കിയത് ഏത് ജന്തുവിൻ്റെ രൂപം ഇതിലിത്ര അഭിമാനം കൊള്ളാൻ അന്തരിക്കുന്നു അതാണ് ഈ ഭാഗം ഓർമ്മിക്കേണ്ടതാണ് ബ്രാഹ്മണേഹം ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാക്ഷ്യോഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ആക്ഷനാണ് ആമ്രേടി തൻകലർന്നിയിടുന്ന ശാന്തരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ആവർത്തിച്ച് പറയുകയാണ് അതിൽ അഹങ്കരിക്കുകയാണ് ആളുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ ആ ഭാവത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അപ്പോഴേക്കും ആ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വിജനത്തിൽ ലാനും കിടന്ന് മരിക്കുകയാണെങ്കിൽ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിക്കും ആ ശരീരത്തെ എന്തു വെണ്ണി ഇറയിച്ച മഞ്ഞു പോയി ഇടില്ല ഇതൊക്കെ വെറുതെ വായിച്ചാൽ പോരാ ഇതൊക്കെ വായിച്ചിട്ട് ഈ ശരീരത്തെ ആസ്പദമാക്കിയുള്ള അഹന്ത പൂർണ്ണമായും വെടിയുക വേണ്ട ശരീരമെല്ലാവരുടെയും തുല്യം മണ്ണിനുകീഴായി കൃമികളായിപ്പോകില്ല ചിലർ കുഴിച്ചിടുകയല്ലേ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്ങാം സരക്താസ്തിവിൺമൂത്ര രേതസംസമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം എന്താ തൊലി മാംസം രക്തം എല്ലാ മലം മൂത്രം രേതസ്വീജം ഇവ ഇവയൊക്കെ ചേർന്നതല്ലേ ഈ ശരീരം വെറും പഞ്ചഭൂത നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു ദേഹം ഈ ദേഹം എന്തിനു എങ്ങനെ വന്നു ആർക്കും നിശ്ചയമില്ല ഇതെങ്ങനെ പരിണമിച്ചു പഞ്ചഭൂതങ്ങൾ തന്നെ എങ്ങനെ ഉണ്ടായി ആർക്കും ഒരു നിശ്ചയമില്ലേ വെറും മായ ഗംഭീരമായ മായ മായാമയമായി പരിണാമിയായോ ഒരു കായം വികാരിയായുള്ള ഒന്നിത് അധ്രുവം ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുക വികാരി അധ്രുവം ഒരു ശാശ്വതത്വവും ഇതിനില്ല ഇതിൽ വിശ്വസിക്കുന്നവനെ പോലെ ഒരു മഠയൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നുവെച്ചാൽ ആരോഗ്യത്തിന് വേണ്ടി യന്ക്കേണ്ടെന്നോ ഒന്നുമല്ല ഈ സത്യം ഉള്ളിൽ ധരിച്ചുകൊണ്ട് പരമാവധി ശരീരത്ത് സൂക്ഷിക്കുക മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള ഒന്നിതധ്രുവം എന്നുവെച്ചാൽ ജീവൻ ബ്രഹ്മമാണ് എന്നുള്ളതിൻ്റെ മറുവശമാണ് ഈ വിവരിക്കുന്നത് മുഴുവൻ ജീവൻ ജടമല്ല ജീവൻ ജടശരീരം അല്ല മാനസധാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല ഐകമെന്നറിയ നീ ലക്ഷ്മണ ഈ ശരീരമാണ് ഞാനെന്ന ചിന്തയോടുകൂടി അനയാ നീ ഞാനിപ്പം അച്ഛനെ പിടിച്ചു കിട്ടും അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ പോയി അങ്ങനെയൊക്കെ നീ വിചാരിച്ചത് ിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസചാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല ഇതെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം ദേഹം ഞാനെന്ന് കരുതുന്നവർക്കാണ് സകല സംസാര ദുഃഖങ്ങളും വന്നു ചേരുന്നത് ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം രോഷേണവെന്ന് ഭവിക്കുന്നിതോർക്കുന്നേ ദേഹം ഞാനാണെന്ന് അഭിമാനിക്കുന്നതോടൊപ്പം കോപം കോപമാണെന്ന് മനുഷ്യന് അതിവേഗം മരണത്തിന്റെ അടുക്കലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ച കോപം വരുന്നതോടുകൂടി ശ്രദ്ധിച്ചു നോക്കുക ശരീരത്തിന്റെ സകല പ്രവർത്തനങ്ങളും വ്യാകുലമാവും നാടിനരമ്പുകളെല്ലാം വല്ലാതെ ഇളകി രക്തം ആരുടെയും പിടിയിൽ നൽകാതെ അതിന്റെ ചക്രമണം വർദ്ധിപ്പിക്കും ഹാർട്ടൊക്കെ കടുത്ത കോപം വന്നാൽ പോയി രാമൻ തന്നെ പറയുന്നു കോപം ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കോ മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹം ഞാനെന്ന ആ ബുദ്ധിയാണ് ഏറ്റവും വലിയ മായ അവിദ്യ അവിദ്യ ഇതൊക്കെ നമ്മളിന്നും വായിക്കും ലക്ഷണോപദേശം പക്ഷെ അതുകൊണ്ട് പോരാ ഇത് വായിച്ച് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നല്ലവണ്ണം ചിന്തിച്ച് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ദിവസേന കാലത്തെ പത്രമെടുത്തൊന്ന് വായിച്ച് ഇതൊക്കെ ശരിയാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വേദാന്തഗ്രന്ഥങ്ങളെക്കാളും നമ്മൾ വേദാന്തം പഠിപ്പിക്കാൻ പറ്റിയ നമ്മുടെ വർത്തമാന പത്രങ്ങൾ എല്ലാ ദിവസവും കാലത്തെ എടുത്തുനിന്ന് വായിച്ച് ചിന്തിക്കുക ആർക്കൊക്കെയോ എന്തൊക്കെയോ വരുന്നു നമുക്കൊന്നും വരുന്നില്ലല്ലോ അല്ല നമുക്കൊന്നും വരുന്നില്ല എവിടെയൊക്കെയാണ് ലണ്ടനിൽ ഈജിപ്തിൽ വലിയ സ്ഫോടനം നൂറോ പേർ മരിച്ചു അനേകം നൂറ്റുകണക്കിന് ആളുകൾക്ക് എല്ലാം കുഴപ്പത്തിൽ അപ്പോൾ അതില്ലെന്നൊന്നുമില്ല ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് അത് ജീവോ ബ്രഹ്മയോ ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നും മോഹൈ ഗഹന്യ ഉള്ളത് വിദ്യകൾ ദേഹമാണ് ഞാനെന്ന് ചിന്തിക്കുന്നതാണ് അവിദ്യ അല്ലാതെ ഈ അവിദ്യയെക്കുറിച്ചൊന്നും പിടികിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ ദേഹമാണെന്ന് ചിന്തിച്ചുപോയോ അവിദ്യ ഞാൻ ബോധമാണ് അല്പമെന്ന് ചിന്തിക്കാൻ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഒരു വസ്തു നിരന്തരം നമ്മുടെ ഉള്ളിലിരുന്ന് പറയുകയല്ലേ ഞാനുണ്ട് ഞാനുണ്ട് ഈ ഉണ്ടെന്നനുഭവിക്കുന്ന വസ്തു എങ്ങനെ ജഡമാവാൻ പറ്റും ജഡശരീരം മൃതശരീരം ഒരാളിൽ മൃതശരീരം അതാ ബന്ധുക്കൾക്കൊക്കെ നല്ല ഉറപ്പ് എന്തുറപ്പ് ഞാനുണ്ടെന്നനുഭവിച്ചുകൊണ്ടിരുന്ന സത്യം ഇതിനകത്ത് ഇപ്പോഴില്ല അതറങ്ങിപ്പോയി അതുകൊണ്ട് ഇനി ഇതിനെ തീയുടെ മധ്യത്തിലോ കുഴുകി കുഴുകിയിലോ എവിടെയോ കൊണ്ട് തള്ളാം ഒരു കുഴപ്പമില്ല അച്ഛൻ്റെ മകൻ്റെ ശരീരത്ത് കൊണ്ടുപോകാൻ ഒരു ബന്ധപ്പാടുമില്ല എന്താ സത്തില്ല ചത്തുപോയി എന്നല്ലേ പറയുന്ന സത്ത് സത്യം സത്യം പോയി അതല്ലെന്നും സത്യം പോയി ഇനി അതിനെ നമുക്ക് എവിടെ വേണോ കൊടുക്കളയാം എത്ര വിലപ്പെട്ട സ്നേഹഭാജനമായ ശരീരമായിരുന്നാലും സത്ത് പോയാൽ പിന്നെ ആർക്ക് വേണം അതിനെ ആർക്ക് വേണം സത്യം വിട്ടുപോയാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ട വാസ്തവത്തിലപ്പോ അതുവരെ ആരെയാണ് സ്നേഹിച്ചിരുന്നത് ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചു ശരീരത്തെയാണോ സ്നേഹിച്ചത് എങ്കിൽ രാമൻ താരയോട് ചോദിക്കുന്നത് പോലെ താരെ നിന്റെ ഭർത്താവ് ബാലി ശരീരമാണോ ജീവനാണോ ശരീരമാണെങ്കിൽ ഇതൊക്കെടപ്പുണ്ട് കൊണ്ടുവയ്ക്കോ ദുഃഖിച്ചിട്ട് എന്താ കാര്യം ജീവനാണെങ്കിൽ അത് മരിച്ചിട്ടില്ല അത് ബ്രഹ്മമാണ് നിന്നെ ഭർത്താവ് ദേഹമോ ജീവനോ സന്നേഹപരമാർത്ഥനോട് ചൊല്ലുന്നേ പണ്ടൊക്കെ ചില ആളുകൾ ഇത് പറയുമ്പോൾ രാമൻ എത്ര മോശക്കാരനാണ് ഭർത്താവ് മരിച്ചു കിടക്കുന്നു അപ്പോഴാണ് ഭാര്യയെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവ് ജീവനോ ദേഹമോ പിന്നെ വേറെ എന്താ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് മണ്ണാങ്കട്ടാണോ അതാണോ ചോദിക്കേണ്ടത് ഈ ചോദ്യത്തിനുത്തരം കണ്ടെത്തുക നമ്മൾ ഓരോ ബന്ധുവും ആത്മാവാണോ ഉണ്ട് എന്നനുഭവിക്കുന്ന ആത്മാവാണോ ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയാത്ത ദൃശ്യം ജഡം അതില്ല ആത്മാവ് ഉണ്ടെന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ ജഡം ഉള്ളതാവൂ അതൊക്കെ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതല്ലേ ആത്മാവില്ലെങ്കിൽ ജഡദൃശ്യമില്ല അതുകൊണ്ടുള്ളത് ആത്മാവ് മാത്രം ജഡദൃശ്യങ്ങളൊക്കെ വെറും മായ മയം ദൃശ്യം മായ എപ്പോഴും ഓർമ്മിച്ചുകൊള്ളുക ദൃക് ദൃശ്യവും ദ്വൗ പദാർത്ഥവസ്ഥ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടേ രണ്ട് പദാർത്ഥമേ ഇവിടെയുള്ളൂ നമ്മിൽ തന്നെ ദൃക്കും ദൃശ്യവും പ്രാണനുൾപ്പെടെയെല്ലാം ദൃശ്യം പ്രാണൻ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഒക്കെ ദൃശ്യം അതിനെയൊക്കെ ഉണ്ട് സ്വയം ഞാനുണ്ടെന്നറിഞ്ഞ് അതിനെയൊക്കെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രാപകൽ ഞാനുണ്ട് ഉണ്ട് എന്ന് വിളിച്ച് പക്ഷേ തിരിഞ്ഞു നോക്കി ആ ശ്രദ്ധിക്കാൻ എന്തോ മായ സമ്മതിക്കുന്നില്ല പലരും ഈശ്വരനവിടെ ഈശ്വരനുണ്ടോ അപ്പോൾ ഉള്ളിലിരുന്ന് പറയുകയാണ് ഉള്ള കുഞ്ഞേ ഞാനുണ്ട് ഈശ്വരനുണ്ടോയെന്ന് ചോദിക്കുന്നതാരാ ഈശ്വരൻ അതാണ് എയർ ബോക്ക് ഉപനിഷത്ത് നിർണയിച്ചിട്ടുള്ള ഈശ്വരനാണേ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കിയെടുക്കാം ഇന്ന് നമ്മൾ ഗംഭീരമായും അവസാനിപ്പിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ശരീരം അല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോവുക ശിവശിവ പ്രണാമം